മൂസ അലഹിസ്സലാം നമ്മുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ അടുക്കൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഇതൊരു കെട്ടിച്ചമച്ച മാന്ത്രികവിദ്യയല്ലാതെ മറ്റൊന്നുമല്ല നമ്മുടെ മുൻഗാമികളായ പിതാക്കളുടെ ഇടയിൽ ഞങ്ങൾ കേട്ടിട്ടില്ല